നൂഹ് അലഹിസ്സലാമിനും അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർക്കും നാം വഹി നൽകിയതുപോലെ നിനക്കും നാം വഹി നൽകിയിരിക്കുന്നു ഇബ്രാഹിം അലിഹിസ്ലാമിനും ഇസ്മായിൽ അലഹിസ്ലാമിനും ഇസ്ഹാഖ് അലിഹിസ്സലാമിനും യക്കൂബ് അലഹിസ്സലാമിനും ഗോത്രത്തലവന്മാർക്കും ഈസാ അലിഹി ഹിസ്ലാമിനും അയ്യൂബ് അലഹി സ്ലാമിനും യൂനുസ് അലഹിഹി സ്ലാമിനും ഹാറൂൺ അലഹി സ്ലാമിനും സുലൈമാൻ അലിഹിസ്സലാമിനും സുലൈമാൻ അലഹി സ്ലാമിനും നാം വഹി നൽകി ദാവൂദ് അലിഹിസ്സലാമിനെ നാം സബൂർ നൽകുകയും ചെയ്തു